ഗുരുവരം ഗ്രഹിച്ചത് ഭൂവിഷത്ത് മന്ത്രമാണ് ശരീരം ശരീരേഷു അനവസ്ഥം മഹാന്തം നിഭം ആത്മാനം മത്വ धीरो न शोचती अशर शरीर अनवस्थु अवस्थित महाम आत्मा मीर മഹാന്തം വിധു ആത്മാനം മീരോ അവസ്ഥിതം തകാരപ്പെട്ടു പോയിശേരി ആത്മവിജ്ഞാന ആത്മാനുഭവം കൊണ്ട് ശോകാപ്തിയച്ച ശോകനാശം മത്യം നാശം ശോകത്തിന്റെ നാശവും ഉണ്ട് സംഭിക്കുന്നു ശോകനാശമാണ് ആത്മവിജ്ഞാനത്തിന്റെ ഫലമായിട്ട് സംസാര നിവൃത്തി ശോകനാശം ആനന്ദപ്രാപ്തി എന്ന പലവും പറയുന്നു അതുകൊണ്ടാണ് ശോകാപ്ത ശോകാത്യവും കിട്ടിയ ദർശേരി അതാണ് ഈ മന്ത്രത്തിൽ ദശേ കാണിക്കുന്നത് സ്വേനരൂപേണ ആകാശകൽപ ആത്മാരീരം എന്ന് പറയുന്നത് എന്താണ് സ്വേനരൂപേണ സ്വരൂപത് ആത്മാവിന്റെ സ്വരൂപത്തെ കുറിച്ച് ചിന്തിച്ചാൽ അത് ആകാശകല്പ ആകാശ തുല്യമാണ് കൽപ്പം തുല്യം അത് ആകാശ തുല്യമാണ് സ്വസ്വരൂപം ആകാശസ്വരൂപം ആത്മ സ്വരൂപത്തെ കുറിച്ച് ചിന്തിച്ചാൽ അത് ആകാശം ം അങ്ങനെയുള്ള ആത്മാവിന് ആ ശരീരം ആത്മാവിനെ ആകാശത്തിൽ കാണണം സർവവ്യാപകമായി കാണണം സൂക്ഷ്മമായി കാണണം നിർലേപമായി കാണണം ആകാശത്തിനെന്തെല്ലാം വിശേഷതകളുണ്ടോ അതെല്ലാം ആത്മാവിനും അതുപോലെ കൽപ്പിക്കാം ശരീരേഷു ദേവ പിതൃ മനുഷ്യാദി ശരീരേഷു ശരീരങ്ങളിൽ ശരീരം എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന്റെ ശരീരം മാത്രമല്ല ദേവശരീരങ്ങളുണ്ട് പിതൃശരീരങ്ങളുണ്ട് പിതൃദേവന്മാർ പിതൃക്കളെന്ന് പറയുമ്പോൾ പിതൃലോകത്ത് പിതൃദേവന്മാർ അവരുടെ ശരീരം മനുഷ്യന്മാർ അവരുടെ ശരീരം ഇങ്ങനെയുള്ള അനേക ശരീരങ്ങളിൽ അനവസ്ഥേഷു ശരീരങ്ങൾ എങ്ങനെയാണ് അനവസ്ഥങ്ങളാണ് അനവസ്ഥാൽ അവസ്ഥിതിരഹിതേഷു അവസ്ഥിതി ഇല്ലാത്തവയാണ് എന്ന് പറഞ്ഞാൽ അനിത്യേഷു നശിക്കുന്നവയാണ് അതല്ല അനവസ്ഥേഷു എന്ന് പറഞ്ഞാൽ നശിക്കുന്ന ശരീരങ്ങൾ പല ശരീരങ്ങളുണ്ട് അതിൽ അവസ്ഥിതം അവസ്ഥിതമായിരിക്കുന്നു നിത്യമായിരിക്കുന്നു അപികൃതമായിരിക്കുന്നു വികാരപ്പെടാതിരിക്കുന്നു ശരീരങ്ങൾക്ക് വികാരം സംഭവിക്കുന്നു ബാന്യം യൗവനം വാർദ്ധക്യം തുടങ്ങിയ അവസ്ഥാന്തരങ്ങൾ ശരീരങ്ങൾക്ക് സംഭവിക്കുന്നു ഈ ആത്മാവിന് അത്തരം അവസ്ഥാന്തങ്ങൾ ഒന്ന് സംഭവിക്കുന്നില്ല അപികൃതമായിരിക്കുന്നു വികാരപ്പെടാതിരിക്കുന്നു അനവസ്ഥേഷും അനിത്യമായ ശരീരങ്ങളിൽ അവസ്ഥിതമായിരിക്കുന്നു വികാരപ്പെടാതെ നിത്യമായിരിക്കുന്നു യാത്മാവ് അങ്ങനെയിരിക്കുന്നു ഈ ശരീരത്തിൽ മഹാന്തം അത് മഹത്താണ് മഹത്വത്തിന് ആപേക്ഷിതത്വയാ സംഘായാം ആഹാരം മഹത്വം ആപേക്ഷികമാകാം ഒന്നിനേക്കാൾ മഹത്വം മറ്റൊന്ന് അതിനേക്കാൾ മഹത്വം മറ്റൊന്ന് മഹത്വത്തിന് ആപേക്ഷികത്വം വരാം കാരണം മഹത്വസ് ആപേക്ഷികത്വ ശങ്കായം മഹത്വത്തിന് ആപേക്ഷിതത്വം വരാം എന്ന് സംഘിച്ചുകൊണ്ട് ഗ്രാഹ പറയുന്നു എന്താണ് വിഭം അത് വിഭുവാണ് വിഭു എന്ന് പറഞ്ഞ എന്താർത്ഥം വ്യാപിനം അത് വ്യാപിയാണ് ആത്മാനം ആത്മാവ് വിഭുവാണ് വ്യാപിയാണ് ആത്മശ്ദത്തെ പറഞ്ഞിരിക്കുന്നത് അന്ന് പറഞ്ഞിരിക്കുന്നു മന്ത്രത്തിൽ എന്തുകൊണ്ടങ്ങനെ പറഞ്ഞിരിക്കുന്നു സ്വതോ അനന്യത്വ പ്രദർശന ഇവിടെ ആത്മാനുള്ള ശബ്ദം കൂടി ആത്മാവിനെ കുറിച്ചാണ് കൂടെ ചർച്ച ചെയ്തത് പ്രത്യേകിച്ച് ആത്മാണെന്നുള്ള ശബ്ദം വീണ്ടും പറയേണ്ട കാര്യമില്ല വീണ്ടും അത് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് അനന്യത്വം കാണിക്കാൻ കഴിയും സ്വതഅ അനന്യത്വം അതായത് ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ആകാശം എന്ന് പറയുന്നു ആകാശം താനല്ല ആകാശം അന്യമായ ഒരു വസ്തുവാണ് തന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തുവാണ് ആത്മാവ് പോലെയാണെന്ന് പറയുമ്പോൾ മനുഷ്യന് ഇത് കേൾക്കുന്നവന് ആത്മാവിനെ കുറിച്ചുള്ള ഭാവനയാണ് തന്നമാണെന്നുള്ള ഭാവന ആകാശം പോലെ വ്യാപകമായി അപ്പൊ അവിടെ താൻ തന്നോട് അനന്യമായി ചിന്തിക്കത്തില്ല ആത്മവിദ്യ ആത്മവിദ്യാഗ്രഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്തോ അവിടെ ആത്മാവിനെ കുറിച്ച് എന്തെല്ലാം തരത്തിൽ പറയുന്നു അധികാരിയാണ് നിത്യമാണ് സർവജ്യാതിയാണ് ഇങ്ങനെയെല്ലാം പറയുമ്പോൾ അവിടെ അനന്യഭാവന അതാണ് മുഖ്യം അപ്പയുന്ന ഒന്നും അന്യമായ ഒരു വസ്തുവിനെ കുറിച്ചല്ല അഭിപ്രിക്കാൻ വേണ്ടിയിട്ടാണ് സ്വരൂപാർത്ഥത്തിലുള്ള ആത്മശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് ആത്മാ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക വസ്തുവിട്ട വസ്തുവിന്റെ വാചകമായിട്ട് എല്ലാ ആത്മശബ്ദം പറയും മറിച്ച് അനന്യത്വത്തെ കാണിക്കാൻ വേണ്ടി സ്വരൂപത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇടയ്ക്ക് ആത്മാ ആത്മാറയും അല്ല എങ്കിൽ ആത്മാവിനെ കുറിച്ചും നമ്മൾ ഞാനും ഒരു വിഷയം പോലെ ആയിപ്പോകും ഏതൊരു വസ്തുവിനെ കുറിച്ചും അറിയുമ്പോൾ ആ വസ്തുവിനെ വിഷയമായിട്ട് നമ്മൾ അറിയുന്നു വിഷയം എന്ന് പറയുമ്പോൾ അന്യമായി പോകും അന്യമായിട്ടാണ് അങ്ങനെ അറിയാൻ കഴിയുന്നത് മറ്റു വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്നതുപോലെ ആർണാവിനെ കുറിച്ച് നമ്മൾ പഠിക്കും ആർണാവിനെ കുറിച്ച് അങ്ങനെ പഠിക്കുമ്പോൾ ആർണാവും ഒരു വിഷയമായി അന്യമായി തന്നെ ഇരിക്കും ആർണാവിനെ കുറിച്ച് എന്തെല്ലാം പഠിച്ചു കഴിഞ്ഞല്ലോ അതിന്റെ സ്വരൂപത്ത് ചിത്താണ് ആനന്ദമാണ് എന്നെല്ലാം മനസ്സിലാകുമ്പോഴെല്ലാം എന്ത് ചെയ്യും ഇവിടെ പഠിതാവും അല്ലെങ്കിൽ ശ്രോതാവും നിന്ന് അന്യമായി താൻ പഠിക്കുന്ന വിഷയത്തിൽ നിന്ന് അന്യമായി നിന്നുകൊണ്ടായിരിക്കും അതിന് പഠിക്കുന്നതെന്ന് മനസ്സിലാവുന്നു വിഷയമായിട്ടറിയും അത് ഇടയ്ക്കിടയ്ക്ക് ആത്മശബ്ദം തന്നെ പറയും എന്തായാലും അതിന് അനന്യമായി അനന്യത്വ പ്രദർശന സ്വത അത് അനന്യമാണ് ആത്മാവിനെ കുറിച്ച് ചിരിക്കുന്ന ഒരു സ്ഥലത്തും അന്യഭാവന വരാൻ പാടില്ല എന്തെല്ലാം ഉപമകളിലൂടെ പറഞ്ഞാൽ ഉപമകളൂടെ പറയുമ്പോൾ അതിനകുണവും ദോഷമാണ് ഉപമകളിലൂടെ പറയുമ്പോൾ അത് വളരെ രോചകമാവും സുഖരമാവും മനസ്സിലാക്കുന്നതിന് എളുപ്പമാവും ഉപമങ്ങളിലൂടെ പറയും പക്ഷെ ഉപമയ്ക്ക് ദോഷം അത് അന്യമാക്കും പറയുന്ന വിഷയത്തിന് ആ ശ്രോതാവിന്റെ സ്വരൂപത്തിൽ നിന്നത് അന്യമാക്കളെ ഒരു വസ്തുവായി വിഷയമായിട്ട് അതിനെ അവന്റെ ബുദ്ധിയെ പ്രേരിപ്പിക്കും അതാണ് ഉപമാക്കൾക്ക് വരുന്ന ഒരു ദോഷം ആത്മാവിനെ സംബന്ധിച്ചതുകൊണ്ട് ആത്മശബ്ദം തന്നെ ബോധിപ്പിക്കും ആത്മശബ്ദത്തിലൂടെ തന്നെ ഗ്രഹിക്കുക അവന് തന്നെ ഗ്രഹിക്കും അതിന് അനന്യമായി തന്നെ ഗ്രഹിക്കും ആത്മാവിന്റെ ശ്രവണത്തിലോ മനനത്തിലോ ഇരിക്കണം അത് അന്യമാണെന്നുള്ള ഭാവന മനസ്സിൽ വരാൻ പാടില്ല അത് എന്റെ സ്വരൂപം തന്നെയാണ് ആകാശത്തെ പോലെ എന്ന് പറയുമ്പോൾ ആകാശത്തെ പോലെ തന്നെ ഒന്ന് അന്യമായ വ്യാപകമായ ഒരു ആകാശത്തെ പോലെ താൻ തന്നെ വ്യാപകമായിരിക്കുകയാണ് തന്റെ വ്യാപകത്വം എന്ന് മനസ്സിലാകണം എന്നാണ് അത് വിശദീകരിക്കുന്നു ആത്മശബ്ദ പ്രത്യേക വിഷയേവ മുഖ്യ ആത്മശബ്ദമെന്ന് പറയുന്നത് എല്ലായിടത്തും ഉപയോഗിക്കുന്നു പ്രമുഖ്യമ്യമായ അർത്ഥം എന്താണ് പ്രത്യേകാത്മ വിഷയങ്ങള് അന്യവിഷയം എന്താ മറിച്ചത് പ്രത്യേകാത്മാവാണ് തന്റെ തന്നെ ആന്തരികമായ വാസ്തവമായ സ്വരൂപം അതാണ് പ്രത്യേകാത്മവിഷയങ്ങൾ താൻ തന്നെയാണ് അവിടെ വിഷയം പോകുന്നത് അന്യമായൊരു വിഷയമില്ല അതുകൊണ്ട് അതിനെ അകമുഖമായി തന്നെ അറിയണം അന്തർമുഖമായി തന്നെ അറിയണം ബാഹ്യമായി വിഷയജ്ഞാനത്തെ നമ്മൾ സംഭരിക്കുന്ന ഊനാത്മജ്ഞാനത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല കത്തിൽ അന്യമായി പോകും അതത്മാ എന്നുള്ള ശബ്ദം തന്നെ തന്റെ സ്വരൂപം താൻ എന്നുള്ള ബോധത്തെയാണ് ഉണ്ടാക്കുന്നത് അതാണ് പ്രത്യേകാത്മ വിഷയം അതിന്റെ വിഷയം അതിന്റെ അർത്ഥം അതിന്റെ വാക്യമായിരിക്കുന്നത് പ്രത്യേകാത്മാവ് തന്നെയാണ് അതാണ് അതിന്റെ മുഖ്യമായ അർത്ഥം അത് സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് സംദൃശ്യം ആത്മാവനം അങ്ങനെയുള്ള ആത്മാവിനെ മത്വ ധരിച്ചിട്ട് എങ്ങനെ വീണ്ടും അത് എന്ന് പറയുന്നു അയം ഈ ആത്മാവ് ഇത് അയം ഇത് അഹം ഞാൻ എന്ന് ഇവിടെ ഈ ശാസ്ത്രത്തിൽ വർണ്ണിക്കുന്ന ആത്മാവ് അയം അഹം ഞാൻ തന്നെ എന്നാണ് എന്ന് തന്നെ ഇതി എന്നാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു തരത്തിൽ തന്നെ ഭാവന വരാൻ പാടില്ല എന്നാണ് ഏതമായ ഉപാസന രീതികളിൽ നിന്നും ഞാൻ വികാരത്തിനുള്ള പ്രത്യേകത എന്താണ് രണ്ടു തമ്മിലുള്ള അദ്വൈതമായ വികാരത്തിലോ ഉപാസനാ പദ്ധതികളിലെല്ലാം എന്താണ് അവിടെ അന്യമായ ഒരു ഈശ്വരനെ താൻ ഭക്തനായി ആശ്വരൻ മാളങ്ങുന്നു ഈശ്വരനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു ഈശ്വരനെ ആരാധിക്കുന്നു ഉപാസിക്കുന്നു പൂജിക്കുന്നു അവിടെയെല്ലാം എന്താണെന്ന് താൻ അന്യനായി നിന്നുകൊണ്ടോ ആ ഈശ്വരനെ പ്രാപിക്കാൻ ശ്രമിക്കുക മുഖ്യമായി അവിടെ എന്ത് ചെയ്യുന്നു ആത്മഭാവത്തെ സ്വരൂപ വിസ്മരിക്കുക ആത്മഭാവത്തെ വിസ്മരിച്ചോണ്ടാണ് ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ടാണ് ഇനി ഒരു പൂജയിലോ ചടങ്ങിന്റെയോ ഒക്കെ ഭാഗമായിട്ടൊരാള് താനാണ് ദേവനെന്ന് ഭാവിച്ചാൽ കൂടിയും അതിന് ബലമില്ല ഒരു താൽക്കാലികമായ ഒരു ഭാവനം മാത്രമേ ആടെയും മുഖ്യമായി അന്യഭാവത്തിലാണ് ബാക്കിയുള്ള എല്ലാ ക്രിയാകലാപങ്ങളും എല്ലാം ചെയ്യുന്നു അതിന്റെ ഒരു ഭാഗമായി ചിലപ്പോൾ സങ്കൽപ്പിച്ച നേരി പക്ഷെ അവിടെയും അതിന് ബലമുണ്ട് ഇവിടെ അങ്ങനെയല്ല ആയമഹം എന്നുള്ള ഒരു സങ്കല്പമേ ഭേദത്തോടു കൂടിയുള്ള യാതൊരു ഭാവനയും ഇവിടെ വരാൻ പാടില്ല പ്രത്യേകമായ ഭാവന മാത്രം അലഞ്ഞ ഭാവന മാത്രം അങ്ങനെ ആയമഹം ഇടി ആരാണോ ഇതിനെ ധരിച്ചിട്ട് ധരിക്കുന്നത് ധീര അത് സാധാരണക്കാരന് സാധ്യമല്ല അവൻ ഇത് വിട്ടുപോകും അനന്യഭാവന വിട്ടുപോകും അവന്റെ വീട്ടിൽ വീണ്ടും ഭേദഭാവന അവന്റെ മനസ്സിൽ കടന്നു വരും ധീമാൻ ബുദ്ധിമാൻ നോജതി അങ്ങനെയുള്ള വിവേകമുള്ളവൻ അനന്യഭാവനയാണ് ഇവിടുത്തെ വിവേകം ആ വിവേകമുള്ളവൻ നശോചതി അവൻ ദുഃഖിക്കുന്നില്ല അവനിലൊരിക്കലും ഭേദ ദൃഷ്ടി വരുന്നില്ല ഈശ്വരനും അന്യഭാവന വരുന്നില്ല അവൻ നസോചതി അവന് ദുഃഖമില്ല അന്മുക്തനായിരിക്കുന്നു ദുഃഖിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അന്മുക്തനായിരിക്കുന്നു ദുഃഖത്തിൽ നിന്നും അവന്മോചനം നേടിയിരിക്കുന്നു അതാണ് മോക്ഷം വിധ സ്വാത്മവിധ ശ്ലകോപത്തി നിയമം വിധ ഇത്തരത്തിലുള്ള സ്വാത്മവിധ തന്റെ സ്വരൂപം തന്നെ ആയിരിക്കുന്ന ആത്മാവനെ അറിയുന്നത് അന്യനായ വീശനെ അറിയുന്നവനല്ല സുസ്വരൂപമായിരിക്കുന്ന ആത്മാവനെ അറിയുന്നവന് ശോക പുകത്തി അത് ഒരു തരത്തിലും ശോകം ഉണ്ടാകത്തില്ല ദുഃഖ അനുഭവമാണ് ഇല്ല അതാണ് എന്റെ പ്രയോജനം ശോകം നിവൃത്തി സംഭവിക്കുന്നു അതാണ് ആത്മവിദ്യയുടെ പ്രയോജനം പക്ഷെ അത് അനന്യ ഭാവനയോടുകൂടിയ ആത്മബോധത്തെ ഈ ശോകനാശം ആത്യന്തികമായ ശോകനാശം സംഭവിക്കത്തുള്ളൂ അല്ലാതെയുള്ള ഏത് ഉപാസനാ പദ്ധതികളിലും വീണ്ടും ശോകം ഉണ്ടാകാം പക്ഷെ ഇവിടെ അത് സംഭവിക്കുന്നില്ല എന്നാണ് ശോകത്തി ശ്ലോകത്തിൽ യാതൊരു ഉപപത്തിയില്ല യാതൊരു യുക്തി ഇല്ല വീണ്ടും ശോകം സംഭവിക്കുന്നതാണ് യാതൊരു സാങ്കത്യവുമില്ല എന്നാണ് അതിന്റെ അർത്ഥം അശരീരേഷു ശരീരേഷു അശരീരം ശരീരേഷു ശരീരങ്ങളിൽ അശരീരം ശരീരരഹിതമായിരിക്കുന്നതും അനവസ്ഥേഷു ആനിത്യങ്ങളിൽ അവസ്ഥിതം നിത്യമായിരിക്കുന്നതും മഹാന്തം മഹത്വം വിഭം വ്യാപിയും आत्मा सुस्वरूपते मर धीर न सोचते दुखी के ബ്രഹ്മാവചന ലഭ്യോ നേധയാ നഹുന ശ്രമത്തെന യമേഷ വൃണു തേന ലഭ്യ തവൃണുതി തനു സ്വാം ന പ്രവന ലഭ്യ േയാ ബഹുന ശ്രുതേശം തേന ത്മാ വിവത്തെ തന്ന ദുർവിജ്ഞേയോ അയമാത്മാ ഉപായേന സുവിജ്ഞയ ദുർവിജ്ഞയോ ദുർവിജ്ഞയെന്നാണ് അറിയുന്നതിന് പ്രയാസമുള്ളതാണ് ഈ ആത്മാ ഈ ആത്മാവ് എങ്കിലും ഉപായേന സുവിജ്ഞയേവ ഉപായേന ഉപായങ്ങളിലൂടെ അതിനുള്ള മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളിലൂടെ ഇത് സുവിജ്ഞേയേവ ഇത് വ്യക്തമായി ധരിക്കാൻ കഴിയും പിന്നെ സാക്ഷാത്കരിക്കാൻ കഴിയും ഇത്യാഹ എന്നാണ് അടുത്ത് പറയുന്നത് ഇത് മനസ്സിലാകുന്നതിന് പ്രയാസമുള്ള വിഷയമാണ് പക്ഷേ മനസ്സിലാകാത്ത അല്ല അടുത്ത് പറയുന്നത് നായ ആത്മാവ് ഈ ആത്മാവ് പ്രവചനേന അനേക വേദസ്വീകരണേന ലബ്ഞ നേഹ പ്രവചനേന പ്രവചനത്തിലൂടെ പ്രവചനം മുതൽ നമ്മൾ ധരിച്ചിരിക്കുന്ന രീതിയിൽ പ്രസംഗം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത് അനേക വേദ സ്വീകരണേനാ അനേക വേദങ്ങളെ സ്വീകരിക്കുന്നത് കൊണ്ട് ചതുർവേദവി നാല് വേദങ്ങളെയും അധ്യയനം ചെയ്ത് മനസ്സിലാക്കുന്നതുകൊണ്ട് നടക്കും ആ പ്രസംഗിക്കുന്നൊണ്ടതല്ല അനേക വേദ സ്വീകരണേന അനേക വേദങ്ങളെ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് ഇന്നലഭ്യാ ഇതിന് കിട്ടത്തില്ല വേദങ്ങളും ഒരാൾ പഠിച്ചു അതുകൊണ്ട് അയാൾ ആത്മബോധം ഉണ്ടായി എന്ന് പറയാൻ വയ്യ അതിന് ഉദാഹരണം തന്നെയാണ് മീമാംസേദങ്ങളെല്ലാം പഠിക്കുന്നു ഗുരുമുഖത്ത് നിന്ന് തന്നെ വേദങ്ങളെല്ലാം ചൊല്ലിപ്പഠിക്കുന്നു അതിന്റെ അർത്ഥത്തെ കുറിച്ച് മീമാംസ വിചാരം ചെയ്യും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാണ് അവർക്ക് യഥാർത്ഥ ബോധം ഉണ്ടാകുന്നുണ്ട് ആത്മാവ് ഉണ്ടെന്നറിയുന്നു മീമാംസ അവര് പറയുന്നത് വേദമെല്ലാം പഠിച്ചതിന് ശേഷം ഈ ശരീരത്തിൽ നിന്നും വേറിട്ടൊരു ആത്മാവുമുണ്ടോ അത് ഈ ശരീരം നശിച്ചു കഴിഞ്ഞാലും വിശേഷിക്കുന്നതാണ് വേറെ ശരീരം സ്വീകരിക്കുന്നതാണ് ആ ശരീരം നശിച്ചാലും നിലനിൽക്കുന്ന ആത്മാവ് അത് സച്ചിതാനും ദുസ്വരൂപമാണ് അകർത്താവാണ് അഭോക്താവാണ് എന്നുള്ള അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അതിനെ ധരിക്കുന്നില്ല അവര് അതുകൊണ്ടാണ് നാല് വേദങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞത് അനേക വേദ സ്വീകരണ സ്വീകരിച്ചു കഴിഞ്ഞാലും നല്ല അറിയാൻ കഴിയാ പ്രവചനം എന്നുള്ള ഇതിന്റെ വേദത്തിന്റെ വ്യാഖ്യാനം എന്നുള്ള അർത്ഥമുണ്ട് പക്ഷെ ഭാഷകാരൻ അർത്ഥമുണ്ട് സ്വീകരിച്ചു അനേക വേദങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ട് അതിന് സ്വാധ്യായം ചെയ്ത് സ്വാധ്യായ പ്രവചനാധ്യാമെന്ന് പറയുന്ന സ്വാധ്യായം പ്രവചനം വേറെയാ പറഞ്ഞില്ലേ അങ്ങനെ പഠിച്ചിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുക മറ്റുള്ളവരെ ഉപദേശിക്കുക അതെല്ലാം പ്രയോജനപ്പെട്ടു പക്ഷെ ഇവിടെ ആ അർത്ഥത്തിലുള്ള ഭാഷകാലം പറഞ്ഞത് അനേക വേദത്തിൽ ആസ്വീകരിക്കുന്നുണ്ട് അനേക വേദങ്ങൾ ഒരാൾ സ്വാധ്യായത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട് ഈ ധരിച്ചു കൊണ്ട് പറയാൻ സാധ്യമല്ലേ ബുദ്ധിശക്തി ഉണ്ട് ഗ്രന്ഥ അർത്ഥ ധാരണ ശക്തിയാണ് ഗ്രന്ഥാർത്ഥത്തെ ഗ്രന്ഥങ്ങൾ പഠിച്ച് അവന്റെ അർത്ഥത്തെ ധരിക്കുന്ന ശക്തി മേധാശക്തി അതാണ് മേധാന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ആത്മാവിനെ അറിയാൻ കഴിയത്തില്ല പക്ഷെ അനേക ശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്ത് അവന്റെ അർത്ഥത്തെ വിജിച്ച ഒരാളിനും അയാൾക്കും ഈ കേലേന എന്നാനം വന്നിരിക്കുന്നത് അങ്ങനെ പഠനം ഒന്നാണ് കേവലേന ബാഹുശ്രുതി അത് ഭാഷത്തിലുള്ള അല്ല ഇതിലെ ഏതോ ഈ പാഠത്തിൽ വന്നിരിക്കുന്നതാണ് ബഹുനാശ്രുതയെന്ന് കേവലേന അത്രയാണ് വളരെ ശ്രമിച്ചതുകൊണ്ട് വളരെ ശാസ്ത്ര ശ്രവണ കൊണ്ട് വിധ നാനാശാസ്ത്രങ്ങളുടെ അധ്യയനം കൊണ്ട് അതുകൊണ്ട് സാധ്യമല്ല നേരത്തെ വേദങ്ങളെക്കുറിച്ച് പറഞ്ഞു പിന്നെ ഏത് ശാസ്ത്രവും ധരിക്കുന്നതിനുള്ള ധാരണാശേഷിയെക്കുറിച്ച് പറഞ്ഞു ഇനി പറയുന്ന ബഹുനാശ വേണം പലതരത്തിലുള്ള ഗ്രന്ഥങ്ങൾ ഇതുകൊണ്ട് സാധ്യമല്ലാന്ന് ചുരുക്കത്തിൽ ഒരു കണ്ട ബുദ്ധി സാമർഥ്യം കൊണ്ട് ധാരണാശക്തി കൊണ്ട് ശാസ്ത്ര പാലിച്ചുകൊണ്ട് ഒന്നും ഈ ആത്മാവിനെ ധരിക്കാൻ സാധ്യമല്ല അറിയാൻ സാധ്യമല്ല എന്നറിയാം എന്ന് പറഞ്ഞാൽ മൂർഖൻ അനുഗ്രഹിക്കണം എന്നുള്ള ബുദ്ധിശൂന്യം ധരിക്കണമെന്നുള്ള ഉദ്ദേശം ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ പെട്ടെന്ന് എന്നാ ബുദ്ധിശൂന്യന്മാർക്കുള്ളതായിരിക്കുന്നത് എന്നാണ് കാരണം ബുദ്ധിയുള്ള മനസ്സിലാക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ വിപരീത അർത്ഥമായിരിക്കും നമ്മൾ ചെയ്യുന്ന ഇത് ബുദ്ധിശൂന്യന്മാർക്കുള്ളതായിരിക്കും അങ്ങനെയാണ് സാധാരണ ധരിച്ചിരിക്കുന്നത് എല്ലാവരും അതുകൊണ്ട് ഇത് കേട്ടിട്ട് ഉൾക്കൊള്ളും പറയും ശാസ്ത്രങ്ങളൊന്നും പ്രയോജനമില്ലാത്തതാണെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് തന്നെ ശാസ്ത്രത്തെ ്രഹിക്കുന്നതുകൊണ്ട് ഇതിനെ ഗ്രഹിക്കാൻ പറ്റില്ല എന്ന് ശ്രുതി എന്നെ പറഞ്ഞു ശാസ്ത്രത്തെ ഗ്രഹിക്കാത്ത രണ്ട് കൂട്ടരേ ഉള്ളൂ ഒന്ന് ശാസ്ത്രത്തെ ഗ്രഹിക്കുന്നവരും മറ്റൊന്ന് ശാസ്ത്രത്തെ ഗ്രഹിക്കാത്തത് ശാസ്ത്രത്തെ ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു അത് മൂർഖനായിരിക്കും ബുദ്ധിശൂന്യനായിരിക്കും ഭാഗനുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണോ ഈ ആത്മാവ് അങ്ങനെ ധരിക്കരുത് ശാസ്ത്രത്തിനോട് ഇതിനെ ഗ്രഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് അതാണ് അടുത്തു പറയുന്നത് അപ്പൊ അത് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ശാസ്ത്രപാണ്ഡിത്യം കൊണ്ടോ ബുദ്ധി സാമർഥ്യം കൊണ്ടോ ധാരാളം വിഷയജ്ഞാനത്തെ സമ്പാദിച്ചത് കൊണ്ടോ ഇതിനെ നേടാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ് ഇതൊന്നും ഇല്ലാത്ത മൂർഖന് മന്ദന് ആത്മാ എന്നുള്ള അർത്ഥത്തിലല്ല അങ്ങനെ നമ്മൾ ധരിച്ചിട്ടാണ് നമ്മൾ എല്ലാത്തിനും ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല കേരള തരത്തിലേക്ക് പോകുന്നത് എല്ലാത്തിനാർക്കു വേണ്ടിയുള്ളതാണ് ഈ ആത്മാവ് മണ്ഡന്മാർക്ക് വേണ്ടിയുള്ളതാണ് ബുദ്ധിശൂന്യന്മാർക്ക് വേണ്ടിയുള്ളതാണ് അല്ല അങ്ങനെ ധരിക്കരുത് ഉച്ചരെ പറയേണ്ടതാണ് ഇവിടെയും നിഷേധിക്കുന്നതിന്റെ താൽപര്യം എന്താണ് എം ഏവ സ്വം ആത്മാനം സാധകോർണു പ്രാർത്ഥിയെ ആത്മന വരിത്ര സ്വയം ആത്മാനഭ്യാതെ ഇേ സ്വം ആത്മാനം പ്രാർത്ഥയത ഏതൊരാത്മാവിനെയാണ് സ്വം ആത്മാനം തന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവ് എം സ്വം ആത്മാനം തന്റെ സ്വസ്വരൂപം തന്നെയായിരിക്കും ആത്മാവിനെ യേഷസാധകോ ഈ സാധകൻ സാധകൻ സാധിക്കുന്നവൻ ഈ ആത്മാവിനെ പ്രാപിക്കാൻ ആത്മബോധത്തിന് ആഗ്രഹിക്കുന്ന സാധവൻ ഏതൊരാത്മാവിനെയാണോ പ്രാർത്ഥിക്കുന്നത് ആഗ്രഹിക്കുന്നത് ഈ ആത്മാവിനെ എനിക്ക് നേടണം ആത്മബോധം ഉണ്ടാവണം ആത്മലാഭം ഉണ്ടാവണം എന്നൊരു സാധവന് ഏതൊരു തന്റെ സ്വരൂപമായിരിക്കുന്ന ഒരു ആത്മാവിനെയാണ് അർഹിക്കേണ്ടത് തന്റെ സ്വരൂപ തന്നെ അതിനാർത്ഥിക്കുമ്പോ തേനേവത്മന തീനേവത്മന അപ്പൊ ഇവിടെ പ്രത്യേകത എന്താണോ ഈ ആത്മാവിനെ എനിക്ക് പ്രാർത്ഥിക്കണം എന്നൊരുവൻ എനിക്ക് പ്രാപിക്കണം അല്ലെങ്കിൽ അതിന്റെ ജ്ഞാനം ഉണ്ടാകണം അല്ലെങ്കിൽ എനിക്ക് സാഹിത്യം നേടണം എന്നൊരുവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്നവന്റെ സ്വരൂപം തന്നെയായിരിക്കുന്നു ആത്മാവ് അവനെ സ്വീകരിക്കേണ്ട ആരാണ് അവന്റെ ആ സ്വരൂപം തന്നെയാണ് തേന ഏവ ആത്മന അവന്റെ സ്വരൂപമായിരിക്കുന്ന ആ ആത്മാവ് വരിത്ര വരിക്കേണ്ടത് ആരാണ് ആത്മാവ് അത് അവന്റെ സ്വരൂപം തന്നെ ആത്മാവിനെ നേരിടണമെന്ന് ആഗ്രഹിക്കുന്നത് അവൻ തന്നെ നേരിടേണ്ട ആത്മാവ് അത് തന്നെ രണ്ടു ഇവിടെ ഒന്നായിപ്പോയി സ്വയം ആത്മാ ലഭ്യം തന്നെയാണ് ഇവിടെ ആത്മാവ് ഞായ അറിയപ്പെടുന്നത് തന്റെ സ്വരൂപത്തെ തന്നെയാണ് ഇവിടെ ഒരു വസുവിനെ പ്രാർത്ഥിക്കുമ്പോൾ നേരിണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഏത് കാര്യമായാലും അത് ആ പ്രാർത്ഥിക്കുന്നവന വസ്തു അന്യമായിരിക്കും എന്നാലേ നമുക്കതിനെ നേടിയെടുക്കാൻ പറ്റും ഇവിടെ താൻ നേരിടാൻ ആഗ്രഹിക്കുന്നുണ്ട് തല്ലവന്റെ സ്വരൂപത്തെ തന്നെയാണ് നേരിടുന്ന ആഗ്രഹിക്കുന്നതാര് അതും താൻ തന്നെയാണ് ഇവിടെ സാധവനും സാധ്യവും ഒന്നായിപ്പോയിരിക്കുന്നു അതാണ് ഇവിടുത്തെ ഒരു വൈഷമ്യം സാധവൻ തന്നെയാണ് സാധ്യമായിരിക്കുന്നത് മരിക്കുന്നവൻ വരുത്താവ് അതിനെ സ്വീകരിക്കുന്നവൻ ആത്മാവാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ആത്മാവിനെ വേണമെന്ന് അപ്പൊ എന്നെ സ്വീകരിക്കേണ്ടത് ആത്മാവാണ് അപ്പൊ സാധവനും മരിത്രാവും രണ്ടു സ്വീകരിക്കുന്നവൻ ആത്മാവിനോട് പ്രാർത്ഥിക്കാണ് എന്നെ സ്വീകരിക്കണം ആ സ്വീകരിക്കേണ്ടവൻ അവരത് താൻ തന്നെയാണ് സ്വയം ആത്മാനബം ആത്മനാ വരിത്ര ആത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് വരിതാവ് സ്വീകരിക്കുന്നവൻ തന്റെ സ്വീകരിക്കേണ്ടവൻ സ്വയമാത്മാ അതീ തന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവ് തന്നെയാണ് ലഭിച്ചു ഞായജീവം എത്തിയത് നിഷ്കാമസ്യ ആത്മാനം ഏത് പ്രാർത്ഥയത് ആത്മന ഏവ ആത്മാ ലഭ്യത ഇത്യർത്ഥ നിഷ്കാമസ്യ നിഷ്കാമനായിരിക്കുന്നവന്റെ ആത്മാവിന്റെ സ്വരൂപം തന്നെ നിഷ്ഠാമമാണ് ആത്മാനം തന്റെ സ്വരൂപത്തെ തന്നെയാണ് അവൻ പ്രാർത്ഥിക്കുന്നത് ആത്മാനനത്തെ തന്നെയാണ് പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് തന്റെ ലക്ഷ്യമായിരിക്കുന്നത് താൻ തന്നെ ആത്മനാ ഏവ ആത്മാ ലഭ്യത പറയുന്ന ആത്മാവിനെ പ്രാപിക്കുന്നതും അത് ആത്മാവ് തന്നെയാണോ നമ്മുടെ രണ്ടില്ല സാധിക്കുന്നവനും സാധ്യവുമായി രണ്ടില്ല അതാണ് ഇവിടുത്തെ വിശേഷത മറ്റും ഏതെങ്കിലും ഒന്നിനെ പ്രാപിക്കുന്ന പോലെയല്ല ആത്മന ഏവന്നാൽ തന്നെ ആത്മാവ് താൻ ലഭ്യത നേടപ്പെടുന്നു എന്നുള്ള അവസ്ഥയാണ് ഇവിടെ സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ ആ അനന്യഭാവനയെ സൂചിപ്പിക്കുകയാണ് അന്യമായ തരത്തിൽ ആത്മാവിനെ നേടാൻ പറ്റത്തില്ല അതാണ് എം ഏവേശ എന്ന് പറഞ്ഞിരിക്കുന്ന സ്വാത്മാനം എന്ന് വെച്ചാൽ തന്റെ സ്വരൂപത്തെ തന്നെ പ്രാപിക്കുന്നത് തന്റെ സ്വരൂപത്തെ തന്നെയാണ് എം ആത്മാവ് തന്റെ സ്വരൂപത്തെ തന്നെയാണ് യേശനെ ഇവൻ പ്രാർത്ഥിക്കുന്നത് നേടുന്നത് അപ്പൊ നേടുന്നത് വസ്തു അതും താൻ തന്നെയാണ് തേന ആത്മന ആത്മാവ ലഭ്യമായിരിക്കുന്നുണ്ട് അതും താൻ തന്നെയാണ് തേനലഭ്യ പ്രാർത്ഥിക്കുന്നത് താൻ നേടുന്നത് തന്നെ തന്നെ തേനലഭ്യ പശ്യ അടുത്തു പറഞ്ഞു അങ്ങനെയുള്ള നിഷ്കാപസ്വരൂപനായിരിക്കുന്ന ആത്മാവ് മോക്ഷം അവന് ആത്മാ അവന്റെ ആ സ്വരൂപം ആത്മാവിനെ ആഗ്രഹിക്കുന്നവന് അവന്റെ സ്വരൂപം വിവർണത്തെ പ്രകാശേരി അത് പ്രകാശിപ്പിക്കുന്നു അവന്റെ സ്വരൂപം അവന് തന്നെ പ്രകടമാകുന്നു സ്വാം സ്വകീയാ സ്വരൂപം എന്ത് ചെയ്യുന്നു അവന് പ്രകാശിപ്പിക്കുന്നു എന്തിനെ പ്രകാശിപ്പിക്കുന്നു പാരമാർത്ഥികമായ തന്റെ സ്വരൂപത്തെ തനോ സ്വാം സ്വകീയാം തന്റെ സ്വയാഥാത്മ്യം തനു എന്ന് പറഞ്ഞ തന്റെ യാഥാത്മ്യം അകാശേ പ്രകടമാക്കുന്നു ആത്മാവ് തന്റെ ആത്മാ തന്റെ യഥാർത്ഥ സ്വരൂപത്തെ പ്രകടമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അന്യമായി ഒന്നിനെ പ്രാപിക്കുന്നില്ല ഒരു സാധവൻ തന്റെ സാധ്യമായിരിക്കുന്ന അന്യമായി ഒന്നിനെ പ്രാപിക്കുക അല്ല ചെയ്യുന്ന മരിച്ചെന്താണോ ആത്മാവ് സ്വയം പ്രകടമാവുകയാണ് ഇവിടെ ചെയ്യുന്നത് ആത്മാവ് അല്ലെങ്കിൽ ഒരു സാധകന് അത് സ്വയം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സ്വയം വെളിപ്പെടുകയാണ് ചെയ്യുന്നത് അല്ല അതിനെ കണ്ടെത്തുകയല്ല എന്നാണ് ചെയ്യുന്നത് നമ്മളൊരു വസ്തുവിനെ കണ്ടെത്തണമെങ്കിൽ അത് അന്യമായിരിക്കും നഷ്ടപ്പെട്ട ഒന്നിനെ കണ്ടെത്താം മറന്നുപോയ ഒന്നിനെ കണ്ടെത്താം അങ്ങനെ നമ്മൾ കണ്ടെത്തണം കണ്ടെത്തുന്ന വസ്തുക്കളെല്ലാം അന്യമായിരിക്കും ഇവിടെ കണ്ടെത്തുകയല്ല മറിച്ച് സ്വയം വെളിപ്പെടുകയാണ് എന്നാ പ്രകാശി അത് വെളിപ്പെടുത്തുന്ന ആര് തന്റെ താൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു അപ്പൊ തനിക്ക് തന്നെ വെളിപ്പെടുത്തേണ്ട ആവശ്യം പറയുന്നു തന്റെ യഥാർത്ഥ സ്വരൂപത്തെ വിസ്മരിച്ചിരിക്കുന്നു ആ യഥാർത്ഥ സ്വരൂപത്തെ ഇവിടെ വെളിപ്പെടുത്തുന്നു അങ്ങനെയാണ് ഇവിടെ നേടുന്നെന്ന് പറയുന്നത് വാഗ്രന്ഥം കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ ഒന്നുമില്ല ഗ്രന്ഥവും ബുദ്ധിശക്തിന്റെ ഉപകരണങ്ങളാണ് അത് എന്റെ സ്വരൂപമാണ് എന്റെ സ്വരൂപം എന്ന് പറയുന്നത് സ്വയം വെളിപ്പെടുകയാണ് പരിശ്രമത്തിലൂടെ നേടുന്നതല്ല ബുദ്ധിശക്തിയോട് കണ്ടെത്തുന്നതല്ല ശാസ്ത്രപാണ്ഡിത്യത്തിലൂടെ അറിയുന്നതല്ല എന്നാൽ അത് സ്വയം വെളിപ്പെടുന്നതാണ് അതാണ് ഇവിടെ പറഞ്ഞത് പ്രകാശേരി എന്ന് പറയുന്നത് ആത്മാവേ പ്രകാശീതി പാരമാർത്ഥീ സ്വാം തനു സ്വകീയം യാഥാർത്ഥ്യം തന്റെ യാഥാർത്ഥ്യത്തെ തന്റെ വാസ്തവത്തെ അത് വെളിപ്പെടുത്തുന്നു എന്താ എന്ന് പറയുമ്പോ എന്റെ അന്തിമമായ അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ ചരമസാക്ഷാത്കാരം അന്തിമമായ സാക്ഷാത്കാരം ആത്മ ലാഭം എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് അവിടെ പ്രത്യേകിച്ച് ഒരു കണ്ടെത്തൽ പുതിയതായി ഒരു നേട് അങ്ങനെയൊന്നും അവിടെ സംഭവിക്കുന്നില്ല അതാണ് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ സ്വയം പ്രകാശിക്കനാണ് സ്വയം ഒരു വിളിപ്പൊടലാണ് അതതിന്റെ ഒടുവിലത്തെ അവസ്ഥ അതിന്റെ പാരമാർത്ഥികമായിട്ടുള്ള അവസ്ഥ അതാണ് നമ്മൾ അന്വേഷിക്കുന്നത് കണ്ടെത്തുന്നതുമെല്ലാം അതിന്റെ താഴ്ന്ന പടികളാണ് ആത്മ അന്വേഷണത്തിൽ നമ്മൾ പറയുന്ന സാധന രീതി പറയുന്ന സമാധി അനുഭവം എന്നൊക്കെ പറയുന്നത് എല്ലാം എന്താണ് അതിന്റെ താഴ്ന്ന പടിയിലുള്ള കണ്ടെത്തലുകളാണ് ഒരാൾ തന്റെ പരിശ്രമം കൊണ്ട് ഓരോരോ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് അതൊന്നും അതിന്റെ പാരമാർത്ഥികമായ സ്വരൂപമല്ല അതിന്റെ പാരമാർത്ഥികമായ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ് അവിടെ അന്വേഷണവും ഇല്ല ഒരു കണ്ടെത്തലുമില്ല പിന്നെ അതിനെക്കുറിച്ച് എങ്ങനെ പറയാം അതിന്റെ ഒരു സ്വയം വെളിപ്പെടലാണ് പ്രകാശവിധി അങ്ങനവിടെ സംഭവിക്കുന്നത് അത് സ്വയം ആവിർഭാവമാണ് അതാണ് ആത്മാവിന്റെ സ്വപ്രകാശം എന്ന് പറയുന്നത് അതിനെയാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതുകൊണ്ട് പറയുന്നു അതിനും കണ്ടെത്തുക എന്നെ മറിച്ച് വെളിപ്പെടുത്തുകയാണ് തന്റെ സ്വരൂപത്തെ അത് വെളിപ്പെടുത്തുകയാണ് അനൗരുത്തരും കണ്ടെത്തുന്നതല്ല അതാണ് അതിന്റെ അന്തിമമായ അവസ്ഥ ബാക്കിയുള്ള എല്ലാം എന്താണ് അതിലേക്ക് ഉള്ള സഹായകങ്ങളാണ് അന്തിമമായ അവസ്ഥയിലെത്തുന്നതിന് ഒരു പരിധി വരെ പൂർണ്ണ സഹായകങ്ങളല്ല ഒരു പരിധി വരെ അവരെ സഹായിക്കുന്നതാണ് നേരത്തെ പറഞ്ഞ് ുതം പല വിഷയങ്ങളെ കുറിച്ചുള്ള അറിവുകൾ സമ്പാദിക്കുക മേധ മേധാശക്തി വേദ സ്വീകരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരുവനവന്റെ അസംസ്കൃതമായ അവസ്ഥയിൽ നിന്ന് സംസ്കരിക്കുന്നതിനവക്ക് സഹായിക്കുന്നു ഒരു ജീവൻ സംസ്കരിക്കുന്ന അല്ലാതെ ആത്മാവിനെ വെളിപ്പെടുത്തുന്നതിനെ ഒന്നിനും വെളിപ്പെടുത്താൻ പറ്റത്തില്ല അവസരം വെളിപ്പെടുന്ന അപ്പൊ ഇതിനുണ്ടാവുള്ളവരെ പ്രസക്തിയും ഇതിന്റെ പരിമിതിയും കാണിക്കണം ശാസ്ത്രത്തിന്റെ എന്ന് അപ്പോ ഇതിനൊന്നും പാടേ നിഷേധിക്കുന്നതല്ല എന്നാൽ ഇത് ഒന്നും പൂർണമാണെന്നും പറയുന്നില്ല അതാണ് ഇവിടെ ശ്രുതി പറയുന്നത് ശാസ്ത്രത്തെ അവലംബിക്കുക ശാസ്ത്രം ഇതിനെ വെളിപ്പെടുത്തുന്നു എന്നൊരിക്കലും പറയുന്നില്ല ശാസ്ത്രത്തിന് വെളിപ്പെടുത്താൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെ ആശ്രയിക്കുക ബുദ്ധിയെ അതിനെ വെളിപ്പെടുത്തും അതും പറയുന്നില്ല എന്തിനായിട്ട് ഇതിനൊക്കെ ഉള്ള ഓരോ സ്ഥാനങ്ങളെ അതാത് തലത്തിലുള്ള ഇതിന്റെ പ്രസക്തിയെ നിഷേധിക്കുന്നു അവിടെ ഒരു സംയുക്തായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത് ഓരോന്നിനും ഓരോന്നിന്റെയും സ്ഥാനം അതാതിന്റെ സ്ഥാനത്ത് ഓരോന്നിനും അതാതിന്റെ പ്രസക്തിയുണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ പാരമാർത്ഥികമായി ഈ ഒരു ഉപായങ്ങളും ഉപകരിക്കുന്നില്ല ഒരു പരിധി വരെ ഇതെല്ലാം സഹായിക്കുന്നുണ്ട് ശാസ്ത്രവും കർമ്മവും അതെല്ലാ സാധനങ്ങളും ഒരു പരിധിക്കപ്പുറം ഇതിനൊന്നും അവിടെ ശേഷിയില്ല ആത്മാവിനെ വെളിപ്പെടുത്തുന്ന കാര്യത്തിന് ഇതിനൊന്നും ശേഷിയില്ല എന്നാൽ ഒരുവനെ നിന്ന നിലയിൽ നിന്ന് നിൽക്കുന്ന സ്ഥാനത്തും മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ട ഇപ്പൊ ശാസ്ത്രത്തിനോ അല്ലെങ്കിൽ ഏത് സാധനമായാലും ശരി അജ്ഞാനമായാലും ഭക്തിയായാലും യോഗമായാലും എന്ത് മാർഗം ആയാലും ശരി ഒരു മാർഗവും ലക്ഷ്യമല്ല മാർഗം തന്നെ അത് ലക്ഷ്യമല്ല എല്ലാ മാർഗങ്ങളോടെ അവസാനിക്കുന്നു അപ്പൊ എല്ലാ സാധനങ്ങളെ സംബന്ധിച്ചും എല്ലാത്തിനും ഒരുപോലെ ബാധകമാണ് ഈ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ നമ്മുടെ ചിത്രത്തിന്റെ സംസ്കാരത്തിന് ഉപകരിക്കുന്ന ഇത്തരം സാധനങ്ങളെ ഉപേക്ഷിക്കുന്നു അവ പ്രവചന പ്രവചനം കൊണ്ട് നേടാൻ പറ്റില്ല ആ അന്തിമമായ സാക്ഷാത്കാരം പ്രവചനത്തിലൂടെ അല്ല നേടുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സാധനയിൽ പ്രവചനത്തിന് സാധനമില്ലെന്നല്ല അതിന്റെ അർത്ഥം നമ്മളതിനെ വിപരീതമായി നമ്മുടെ ആ അജ്ഞാനാവസ്ഥയിൽ മുന്നോട്ട് നയിക്കുന്നതിന് ഇതിന്റെ സഹായങ്ങളെല്ലാം തിരസ്കരിച്ചു അതുകൊണ്ടാണ് എന്തായാലും എന്താണ് ശാസ്ത്രം ആവശ്യമില്ല അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊന്നും ആവശ്യമില്ല എന്നും തുടക്കത്തിൽ തന്നെ ചില നിഗമനങ്ങൾ തേടിയെത്തി കഴിയുന്നു അവർ അതെല്ലാം എന്താണ് അജ്ഞാന ഇത്തരം മന്ത്രങ്ങൾ വ്യാഖ്യാനിച്ച് എത്തിച്ചേരരുത് ഓരോന്നിനും സ്ഥാനങ്ങളുണ്ട് അപ്പൊ പ്രവോചനം കൊണ്ട് ലഭിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് ശരിയാണ് പരമാർത്ഥികമായി അത് പ്രവചനം കൊണ്ടല്ല ലഭിക്കുന്നത് അസ്വയം പ്രകാശിക്കുന്നു അവിടെ ഒരു സാധനയും അവിടെ പ്രയോജനപ്പെടുന്നില്ല പക്ഷെ അതുവരെ എത്തിച്ചേരുന്ന എല്ലാ സാധനങ്ങളും പ്രയോജനപ്പെടുന്നുണ്ട് അതുകൊണ്ട് സാധനങ്ങളെ നിഷേധിക്കുക ആത്മാവിനെ കുറിച്ച് കേട്ടതിന് ശേഷം ചിലരങ്ങനെയുണ്ട് ചില ഒന്ന് രണ്ട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു പഠിക്കുന്നു അത്രയും അത് പഠിച്ചു കഴിയുമ്പോ ഞാൻ ആത്മാവാണ് ആത്മാവെന്താണെന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് ഇനി ഞാൻ ഗുരുവുമല്ല ശിഷ്യനുമല്ല ഞാൻ എനിക്കിനിയൊന്നും ഇല്ല സാധനങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വ്രതകൃതിയിലായിത്തീരുന്നവരുണ്ട് അപ്പൊ അത്തരം അവധങ്ങളും ചെന്ന് വിടാൻ പാടില്ല അങ്ങനെ പറയുന്നവർക്ക് സ്വയം തന്നെ അറിയാം ഞാൻ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താമെങ്കിൽ അങ്ങനെ പറയുന്നവരുണ്ട് അപ്പൊ അതും ശരിയല്ല പിന്നെ എങ്ങനെയെങ്കിലും എങ്ങനെ അവലംബിച്ചിട്ട് ഇതാണ് ശരി ബാക്കിയുള്ളതെന്ന് ശരിയല്ല ശാസ്ത്രം മാത്രം മതി അതുകൊണ്ടെല്ലാം നേടാം മറ്റൊന്നും ആവശ്യമില്ല എന്ന് കരുതുന്നവരുണ്ട് അതൊന്നും ശരിയില്ല തന്റെ ബുദ്ധിയെ ആശ്രയിക്കുന്നു കേവലമെന്തെങ്കിലും ഒരു ഉപാസനാരീതിയെ സ്വീകരിച്ചുകൊണ്ട് അത് മാത്രം മതി മറ്റൊന്നും ആവശ്യമില്ല എന്ന് കരുതുന്നത് ശരിയല്ല അപ്പോൾ അധികാര ഭേദമനുസരിച്ച് ഇതിനെല്ലാം ഒരു ജീവന്റെ ഓരോ അവസ്ഥയിൽ ഇതിനെല്ലാം പ്രസക്തിയുണ്ട് എന്നാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്തിമമായി ഒരു സാധനങ്ങളുമല്ല ഒരു പരിശ്രമവുമല്ല മറിച്ച് ഈ ആത്മാവ് സ്വയം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയുന്നത് പരിപൂർണമായ അഹന്തത്യാഗത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ തന്റെ അഹന്തയെ അവലംബിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അതൊരിക്കലും ഈ ആത്മസാക്ഷാത്കാരത്തിൽ ഒരുത്തിന് എത്തിക്കത്തില്ല ഏത് സാധന നമ്മൾ സ്വീകരിക്കുമ്പോഴും അവിടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ അഹന്ത അതിനെ കൂട്ടുനേക്കും അഹന്ത ആശ്രയില്ല അത് ഭക്തിയാണെന്ന് പറഞ്ഞാലും ശരി ഭക്തിയാണോ അഹന്തയില്ല എന്ന് പറയാല്ല ഭക്തനും വലിയ അഹന്തയാണോ കാരണം അവനും താരതം ചെയ്യും എന്നിട്ട് പറയും മറ്റു ഭക്തനെക്കാൾ എനിക്കാണ് കൂടുതൽ ഭക്തിയോട് എന്ന് മനിക്കും അതെങ്കിലവര് പറയും മറ്റുള്ളവരെ കണ്ടിട്ട് പറയുന്നതാണ് അവൻ ശരിയായ മാർഗത്തിലല്ല സഞ്ചരിക്കുന്നത് ശരിയായ മാർഗം എന്ന് പറയുന്ന ഭക്തിയാണ് ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അഹന്ത വന്നുകഴിഞ്ഞു അതിനും വരും അപ്പോൾ തന്റെ മാർഗത്തിലുള്ള അത്തരം വിശ്വാസം അത് അഹന്ത ആണ് അപ്പൊ ഏത് മാർഗത്തിലായാലും അത് ശാസ്ത്രം അധ്യയനം ചെയ്താലും യോഗം അനുഷ്ഠിച്ചാലും ഭക്തിയിലായാലും ശരി എല്ലാ മാർഗങ്ങളിലും അഹന്ത കൂട്ടത്തില് കാണും അപ്പൊ അങ്ങനെയുള്ള അഹന്ത അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന <guy> I, the ും അന്തിമമായ സാക്ഷാത്കാരത്തിൽ അവനെത്തിക്കത്തില്ല പിന്നെ ഈ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അവനെ മുന്നോട്ട് നയിക്കുന്നുണ്ട് ഇതല്ല അതിന് അഹന്തയും മറ്റ് അവന്റെ അജ്ഞാനാവസ്ഥയെക്കാളത് അജ്ഞാനാവസ്ഥയിൽ അവൻ ഇരിക്കുന്ന അഹന്തയേക്കാളത് ഭേദമാണ് അങ്ങനെ അവനെ മുന്നോട്ട് നയിച്ചോണ്ടിരിക്കുന്നു അന്തിമമായും അത് ഈ സാധനങ്ങളെല്ലാം ഈ പരിശ്രമങ്ങളെല്ലാം അവസാനിക്കുന്നത് അത് സ്വയം വെളിപ്പെടുമ്പോഴാണ് എന്നത് ഇതിനെ അവസാനിപ്പിച്ചിട്ട് അത് വെളിപ്പെടുകയല്ല അത് വെളിപ്പെടുമ്പോൾ ഇത് അവസാനിക്കുന്നു അതാണ് സംഭവിക്കുന്നത് എന്നാണ് അതുകൊണ്ടാണ് ഒരു തരത്തിലും പ്രാപ്തി എന്ന് പറയുന്നത് പ്രാപ്തമല്ല നമുക്ക് പ്രാപിക്കത്തക്ക ഒന്നുമല്ല എന്ന് പറയുന്നത് അല്ല അറിയത്തക്ക ഒന്നുമല്ല എന്തുകൊണ്ടാണ് അത് പ്രകാശ ചെയ്ത സ്വയം പ്രകാശിപ്പിക്കുന്നു അതാണ് അതിന്റെ അവസ്ഥ ും സ്വാമി തന്റെ അസ്വരൂപത്തെ അത് വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് വിഗ്രഹിക്കേണ്ട ഒരു ഭാഗമാണ് ഒന്നിനും മറ്റൊന്നിനോട് കരുതൽപ്പെടുത്തുക ഒന്നും മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയുക ഇതര അവകാശവാദങ്ങളെല്ലാം ഒന്നും ഒരവകാശവാദങ്ങളും ആ സത്യത്തെ വെളിപ്പെടുത്തുന്നതിന് ഉപയോഗിക്കത്തില്ല കാരണം ഈ ഓരോ മാർഗങ്ങളും സത്യത്തെ വെളിപ്പെടുത്തുന്നില്ല അത് സ്വയം വെളിപ്പെടുന്നതേ എന്നുള്ളതാണ് ഈ മന്ത്രത്തിന്റെ താല്പര്യം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്തും അയമാത്മാത്മാവ് പ്രവചനേന അനേക വേദങ്ങളെ സ്വീകരിക്കുന്നത് ലഭ്യ അറിയപ്പെടുന്നില്ല ധാരണാശക്തി കൊണ്ട് ലഭ്യ അറിയപ്പെടുന്നില്ല ബഹുനാ ശ്രമത പാണ്ഡിത്യം കൊണ്ട് എന്നാൽ അദ്ദേഹ അറിയപ്പെടുന്നില്ല ഏതുരാത്മാവിനെയാണ് യേഷ സാധവൻ ധർമ്മത്തെ പ്രാർത്ഥിക്കുന്നത് ഭ്യേഷ ആത്മാവിന സ്വയം അറിയപ്പെടുന്നു തസ്ന് യേശ ആത്മാ ഈ ആത്മാവ് സ്വാം തനു സ്വ യാഥാർത്ഥ്യത്തെ ജീവനയെ വെളിപ്പെടുത്തുന്നു ത്തിലുള്ള മന്ത്രങ്ങൾ പല ഉപഭാഗങ്ങളിലും ഇത് വരുന്നുണ്ട് അതായത് വേദം ഇതിനെ വെളിപ്പെടുത്തുന്നില്ല വേദത്തിലൊരിക്കലും ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല അതേസമയം ഇതിനെ വെളിപ്പെടുത്തുന്നതിനും വേദം തൻ ശ്രുതി ഉപനിഷത്ത് അതിൽ പ്രതിപാദിപ്പിക്കപ്പെടുന്ന വിഷയത്തെ ആത്മവിദ്യ എന്നും പറയുന്നുണ്ട് ഉപനിഷത്വം എന്ന് പറയുന്ന ശബ്ദത്തെ വ്യാഖ്യാനിച്ചപ്പോഴും പറഞ്ഞു ഉപൻഷത്ത് എന്ന് ആത്മവിദ്യ ഉപ്പ് അന്നി കുറവത്തിലുള്ള ശ്രദ്ധ ധാതുവിന്റെ അർത്ഥം ആത്മവിദ്യയാണ് വ്യാജ്ഞാനത്തെ നശിപ്പിക്കുന്നു അത് ആത്മവിദ്യ എന്നിട്ട് അതേ ഉപനിഷത്ത് എന്ന പറയും ഇതിനെ വെളിപ്പെടുത്തുന്നു ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഇത് രണ്ടും തമ്മിലൊരു ഭാഗത്തുപൻഷത്ത് എന്ന് പറയുന്ന ആത്മവിദ്യയാണ് എന്നുവെച്ചാൽ ആത്മാവിനെ വിഷയമാക്കുന്ന വിദ്യ ആത്മാവിന്റെ സ്വരൂപത്തെ പ്രവേശിപ്പിക്കുന്ന വിദ്യ എന്ന് പറയുന്നു പേടത്ത് വരുമ്പോ പറയുന്നു ഇങ്ങനെ ഒരു വേദത്തിനും ഒരു ശബ്ദത്തിനും പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല രണ്ട് മുമ്പിൽ വരുന്ന വിരോധം എന്ന് തോന്നുന്നത് പരിഹാരം എന്താണ് ആത്മവിദ്യയെക്കുറിച്ച് ആ ശബ്ദത്തെ നിർവഹിച്ചൊക്കെ തന്നെ ഭാഷകാരം പറഞ്ഞു വിദ്യ എന്ന് പറയുന്നത് അത് ആ വിദ്യ ഉണ്ടാകുന്നത് ഇതിന്റെ ഇവിടെ ഭാഷത്തിൽ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും ആത്മാവാരെ ദ്രഷ്ട ശ്രോതവ്യൂ മന്ദവ്യ നിരുധ്യാസ ആത്മാവിനെ കുറിച്ച് കേൾക്കണം ശ്രവണം ചെയ്യണം മനനം ചെയ്യണം നിരുദ്ധ്യാസനം ചെയ്യണം ഇതാണ് ആത്മ ലാഭത്തിനുള്ള സാധനങ്ങളായി വേദം നിർദ്ദേശിക്കുന്നത് മുഖ്യസാധനകൾ ആത്മ അവനെ ശ്രവിക്കുക ശ്രവണം ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ഉപനിഷ ശ്രവണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഉപനിഷത്തിലെങ്ങനെയാണോ ആത്മാവിന്റെ യഥാർത്ഥ പറയുന്നത് ആ ശ്രവണം ചെയ്യണം മനനം ചെയ്യണമെന്നാണ് പിന്നെ അതിനെ സാക്ഷാത്കരിക്കണമെന്നും പറയും അപ്പൊ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഉപായങ്ങളായി നിർദ്ദേശിച്ചിരിക്കുന്നത് ശ്രവണ മനനങ്ങളെയാണ് നിധ്യാസനങ്ങളെയാണ് ദ്രഷ്ടവ്യ അതിനെ സാക്ഷാത്കരിക്കണമെന്നും പറയും അവനെ അവലംബിക്കേണ്ട ഉഗൻഷത്തിനെയാണ് എന്നും പറയുന്നു അപ്പോ ഉഗൻഷത്തിലൂടെ എന്താണ് ചെയ്യുന്നത് ആത്മാവിനെ ഒരിക്കലും ഇതിനെ വെളിപ്പെടുത്താൻ കഴിയത്തില്ലെന്നും പറയുന്നു ഭാഷ സമാധാനം പല ഭാഗങ്ങളും പറയുന്നുണ്ട് ഗീതയുടെ ഭാഷ പറയുന്നുണ്ട് ആ ആത്മവിദ്യ അങ്ങനെ സഹായിക്കുന്നത് ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തിക്കൊണ്ടല്ല മറിച്ച് ആത്മാവിന് സംബന്ധിച്ചുള്ള അജ്ഞാനത്തെ ദൂരീകരിച്ചുകൊണ്ടാണ് പത്മവിദ്യ എന്ന് പറയുന്നത് ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അത് പ്രബളമാക്കിക്കൊണ്ടല്ല മനസ്സിൽ ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ടാണ് പാത്മവിദ്യയുടെ പ്രവർത്തനം ആ രീതിയിലാണ് അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിനെ സഹായിക്കുന്നത് അപ്പൊ ശ്രവണ മനന വിധ്യാസനങ്ങളെല്ലാം സഹായിക്കുന്നത് ആത്മാവിനെ സംബന്ധിച്ചുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിനാണ് ഞാൻ അജ്ഞനാണെന്നൊരു ബോധമുണ്ട് അതിനെ നശിപ്പിക്കുന്ന ഒരു വിദ്യ അതാണ് ഈ വംശത്തിൽ നമുക്ക് കരകതമാവുന്നത് അല്ലാതെ ആത്മാവിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന ഒരു വിദ്യ ആ വിദ്യക്ക് ആത്മാവിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല മറിച്ച് ആത്മാവിന്റെ സ്വരൂപ പ്രകാശത്തിൽ ആ വിദ്യ നശിച്ചു ആ വിദ്യയ്ക്ക് നിലനിന്നില്ല പക്ഷെ ആ വിദ്യക്കൊരു ശക്തിയുണ്ട് മറ്ററിവുകളിൽ നിന്നും നിരക്ഷണമായൊരു ശക്തി അതുകൊണ്ടാണോ അതിനീ അജ്ഞാനത്തെ നശിപ്പിക്കാൻ പറ്റും മറ്റൊരാ മറ്റുള്ള എല്ലാ അറിവുകളും ഈ അജ്ഞാന അല്ലെങ്കിൽ അജ്ഞാനത്തെ ആശ്രയിച്ചാണ് അറിവുകളെല്ലാം നിലനിർത്തുന്നത് പ്രപഞ്ചബോധം ദ്വൈതബോധം ബാക്കിയുള്ള എല്ലാ പക്ഷെ ഈ ഉപനിഷത്തിൽ നിന്നുണ്ടാകുന്ന ഒരു അറിവുണ്ട് ആത്മാവിന്റെ യഥാർത്ഥം യാഥാർത്ഥ്യം ആ ബോധം എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമാണെങ്കിലും ആ ബോധത്തിനും ആത്മാവിന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കാനുള്ള സാമർഥ്യാ കാരണം ആ ബോധവും ഉണ്ടാകുന്ന ജന്യു ബോധം ഒരു സാധകൻ തന്റെ പരിശ്രമത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ബോധമാണ് അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം ആശ്രയമായിരിക്കുന്ന ആത്മാവിനാണ് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല പക്ഷെ ആ ബോധം നിഷ്പ്രയോജനമുണ്ട് ആ ബോധത്തിന് ഒരു ശേഷിയുണ്ടെന്താണ് ആ ജ്ഞാനത്തെ നശിപ്പിക്കുന്നത് പറഞ്ഞതുപോലെ എന്ന് വെച്ച് ഒരു വിളക്ക് പ്രകാശിച്ചിരിക്കുമ്പോൾ അതിനെ ആശ്രയിച്ചിരിക്കുന്ന ഇരുട്ട് ആ ഇരട്ടിനെ വേറൊരു വിളക്കാതിന്റെ അടുത്ത് കൊണ്ടുവന്ന ആ ഇരട്ടങ്ങനിക്കുന്നു അതുപോലെ ആത്മാവ് സ്വയം പ്രകാശിക്കുന്നതാണ് അങ്ങനെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നിന്റെ ആവശ്യമില്ല ഒരു വിദ്യയുടെ ആവശ്യമില്ല ഒരു ഉപംശത്തിന്റെ ആവശ്യമില്ല പക്ഷെ അങ്ങനെയിരിക്കുന്ന ആത്മാവിനെ ആശ്രയിച്ചതിന് അജ്ഞാനവും നിലനിർത്തും അനാദിയായ അച്ഛനും അതിനെ നശിപ്പിക്കുന്നതിനും മറ്റൊരു ആ വെളിച്ചമാണ് ഈ നിന്നും കിട്ടുന്ന ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് ആത്മാവ് സ്വയം തന്റെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആത്മാവ് സ്വരൂപത്തെ സദാ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സദാസ്വയം പ്രകാശമാണ് സദാസ്വയം പ്രകാശമാണെങ്കിലും സദാസ്വയം പ്രകാശിക്കുന്ന ആത്മാവ് തന്നെയാണ് ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ബന്ധനവും ആത്മാവിന്റെ സ്വപ്രകാശത്തിന്റെ ഇടയ്ക്ക് മറ്റെന്തോന്നുണ്ട് അതാണ് അതിന്റെ സ്വരൂപ വിസ്മൃതി അല്ലെങ്കിൽ സ്വരൂപാജ്ഞാനം എന്ന് പറയുന്നത് ആ സ്വരൂപാജ്ഞാനവും സ്വയം പ്രകാശിക്കുന്ന ആത്മാവിനെ ചേർന്ന് തന്നെ ഇരിക്കുന്നു അതിന് യുക്തിയില്ല എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു അതുകൊണ്ടാണ് അതിന് മായ എന്ന് പറയുന്നത് യുക്തിയില്ലാത്ത കാര്യത്തിലാണ് മായ എന്ന് പറയുന്നത് അതിനൊരു യുക്തിയില്ല എന്തോ യുക്തിയില്ല കാരണം ബുദ്ധി യുക്തിയൊന്നും അതുവരെ കടന്നു തന്നെ ബുദ്ധി യുക്തിയെല്ലാം എന്താണ് ആ അജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ് സൃഷ്ടിക്ക് അതിന്റെ സാധനം മറികടക്കാൻ പറ്റുന്നുണ്ട് അത് അതിന്റെ ഒരു പരിമിതിയാണ് ബുദ്ധിയും കരണങ്ങളും എല്ലാം ആ പരിമിതിയോടുകൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സൃഷ്ടി തന്നെയുള്ള പരിമിതി കൊണ്ടാണ് അതിനപ്പുറം പോയി ആ മായുടെ സ്വരൂപത്തെ ചിന്തിക്കാനും നിർണ്ണയിക്കാനുമുള്ള ശേഷി അതിന് ആ സൃഷ്ടിറ്റ് തന്നെ അതിന് കിട്ടിയിട്ടില്ല മറിച്ച് ഒരുപാട് പരിമിതികളുള്ളതാണ് അതുകൊണ്ട് യുക്തിരഹിതമായ ഒരു പ്രതിഭാസമാണ് ഈ മായ എന്ന് പറയുന്നത് ആ മായ അങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് ഈ സ്വയം പ്രകാശിക്കുന്ന ആത്മാവിനോടുകൂടി തന്നെ അനാദിയായിട്ട് ആ ജ്ഞാനവും നിലനിൽക്കുന്നു ആ സ്വയം പ്രകാശത്തിൽ ആ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിനെ മറിച്ച് ആ അജ്ഞാനത്തെ അത് നിലനിർത്തുകയാണ് പ്രകാശം എങ്ങനെയാണോ അതിനോട് ചേർന്ന് ഇരുട്ടിന് നമ്മൾ കാണുന്നുണ്ട് പ്രകാശിക്കുന്നിടത്ത് പ്രകാശത്ത് ചേർന്ന് ഇരുട്ടേക്കുന്നു സ്വയം പ്രകാശിക്കുന്ന ആത്മാവ് അതെപ്പോഴും അജ്ഞാനത്തെ അതിനോടൊപ്പം നിറക്കുന്നു അതുകൊണ്ട് ജീവൻ എന്ത് ചെയ്യുന്നു പരമാത്മ സ്വരൂപമായി അജ്ഞാനിയായിരിക്കുന്നു സംസാരത്തെ അനുഭവിക്കുന്നു സ്വയം പ്രകാശം ഈ അജ്ഞാനത്തെ ബാധിക്കുന്നില്ല മറിച്ചതിനെ കുറിച്ച് പറയുന്നത് അതിന്റെ സാധകമാണ് അതിനെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒന്നാണ് അതിൽ അതിനെ നശിപ്പിക്കുന്നത് എന്ത് വേണം അതിന് മറ്റൊരു വെളിച്ചം വേണം അതിനാണ് എന്ന് പറയുന്നത് ആത്മവിദ്യ ഇതിനെ പ്രകാശിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് അതൊന്നാണ് അതിന്റെ സദാ പ്രകാശിക്കുന്നതാണ് ആത്മ ഇത് ആത്മവിദ്യയുടെ ഏറ്റവും മർമ്മഭാവമാണ് ഒരിക്കലും പ്രകാശിപ്പിക്കേണ്ട ആവശ്യം സ്വയം പ്രകാശിക്കുന്നു അതിന്റെ ആത്മവിദ്യയുടെ സ്ഥാനം എന്തോന്നു ീ പറയുന്ന അജ്ഞാനത്തെ മായയെ നശിപ്പിക്കുന്നു അതാണ് ഈ മന്ത്രത്തിന് പറയുന്നത് സ്വാമി തന്റെ സ്വരൂപത്തെ അത് പ്രകടമാക്കി കൊടുക്കുന്നു അതായത് ആത്മവിദ്യ വന്നിട്ട് അതിനെ പ്രകാശിപ്പിക്കുകയാണ് സദാവിന്റെ സ്വരൂപത്തെ അത് പ്രകാശിപ്പിച്ചുകൊണ്ട് തന്നെ നിക്കുകയാണ് പരമാത്മാവീ ആർജിതമായ വിദ്യ സാധനയിലൂടെ മറ്റും നേടുന്ന വിദ്യ വിവർഷത്തിൽ പറയുന്നത് ഈ ബ്രഹ്മവിദ്യ ആത്മവിദ്യ ആ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു അത്രേ ഉള്ളു നല്ല ജോലി അത് നശിക്കുന്നു അതും സ്വയം ഇല്ലാതാവും എന്തുകൊണ്ട് അതും ഉണ്ടായതാണ് നശിക്കുന്നത് ഉണ്ടാകുന്നതെല്ലാം നശിക്കും ആർജിച്ചതാണ് ഒരു സാധകൻ ഒരു ജീവൻ ആർജിച്ചതാണ് ഈ ആത്മവിദ്യ പിന്നെ കേവലം ശേഷിക്കുന്നതെന്താണ് സ്വയം പ്രവാസിക്കുന്നത് മയാരഹിതമായ മായാശൂന്യമായ ആത്മാവ് ശേഷിക്കുന്നു അതിനെയാണ് മുക്തി എന്ന് പറയുന്നത് പിന്നീട് അതിന് ജന്മ അവസാനിക്കുന്നു അതിവിടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആത്മവിദ്യയുടെ ആവശ്യം എന്താണ് എന്നാൽ അതിന്റെ പരിമിതി എന്താണ് എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് അതിന്റെ പരിമിതി എന്ന് പറയുന്നത് കൊണ്ടാണ് ഒരിക്കലും അവന് ആത്മാവിനെ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ആവശ്യങ്ങൾ എന്താണ് അതിന് മാത്രമേ ഈ അജ്ഞാനത്വം നശിപ്പിക്കാനും കഴിയത്തുള്ളു അതുകൊണ്ടൊരാൾ വളരെ ക്ലേശിച്ച് ഈ ആത്മവിദ്യയെ സമ്പാദിക്കേണ്ടിയിരിക്കുന്നു സമ്പാദിച്ചു പിന്നാലെ സംരക്ഷിച്ച് നിലനിർത്തേണ്ട ആവശ്യമൊന്നും മരുന്നില്ല അതിന് അത് അത് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ജോലിയെ നിർവഹിക്കുന്നു അജ്ഞാനത്വം നശിപ്പിക്കുന്നു അവസാനിക്കുന്നു അയാൾ മുക്തനായിത്തീരുന്നു ഇതാണ് ആത്മ സാക്ഷാത്കാരത്തെക്കുറിച്ച് അദ്വൈത സിദ്ധാന്തത്തിൽ അവസാനമായി പറയുന്ന കാര്യം അതിനപ്പുറം പിന്നെ നമുക്ക് ചിന്തിക്കാൻ സാധ്യമുള്ള കാര്യങ്ങളല്ല അതാണ് ഈ മന്ത്രത്തിനും വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുത്തത് അടുത്ത ക്ലാസ് ചർച്ച